ആരെങ്കിലും ഐഹിക ജീവിതം മാത്രം ആഗ്രഹിച്ചാൽ നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിൽ വേഗത്തിലാക്കി നൽകും പിന്നീട് നാം അവന് നരകമൊരുക്കി നൽകും അവനവിടെ നിന്ദിതനായി പുറന്തള്ളപ്പെട്ടവനായി കരിയുക ചെയ്യും